আসসালামু আলাইকুম বিসমিল্লাহির রাহমানির রাহীম আলহামদুলিল্লাহ নাহমাদুহু ওয়া نستাইনুহু ওয়া নু'মিনু বিহি ওয়া নাতওয়াক্কালু আলাইহি ওয়া না'উযু বিল্লাহি মিন শুরুরি আনফুসিনা ওয়া মিন সাইয়্যাতি আ'মালিনা মান ইয়াহদিল্লাহু ফালা মুضل্লা ওয়া মান ইউضل্ল ফালা হাদিয়া ওয়া নাশহাদু আল্লা ইলাহা ইল্লাল্লাহু ওয়াহদাহু লা শারীকা লা ওয়া নাশহাদু আন্না মুহাম্মাদান আবদুহু ওয়া রাসূলুহু আরসালহু বিল হুদা ওয়া দীনিল হাক্কি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 ഉസ്താദിമാരെ സാദാത്തുക്കളെ അനുഗ്രഹീതമായ ഈ മജലിസിൽ സംഗമിച്ച അഹ്ലസുന്നീവൽ ജമാഅത്തിൻ്റെ ആദരണീയരായ നേതാക്കളെ കർമ്മധീരരരായ പ്രവർത്തകരായ എൻ്റെ പൊന്നനുജന്മാരെ ജ്യേഷ്ഠ സഹോദരന്മാരെ സ്റ്റേജിൽ ഓരോ സെഷനിലും ഇരിക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട് അതേസമയം അണിയറയിൽ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരും നേതാക്കളും മഹാന്മാരും മലേഷ്യൻ അറബ് പ്രതിനിധികൾ വരെ തൊട്ടു താഴെ വിശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആദരണീയരായ അതിഥികളെ നേതാക്കളെ സുഹൃത്തുക്കളെ സ്വന്തത്തും പിതാത്തും എന്ന വിഷയത്തെ കുറിച്ചാണ് ഇപ്പൊ നാം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ വിഷയം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം എക്കാലത്തെയും ലോക മുസ്ലിം ഭൂരിപക്ഷമായ നാം സുന്നി വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആചാരങ്ങൾ അത് വിദത്താണ് അനാചാരമാണ് എന്നിങ്ങനെ വിത വിഭാഗങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ സുന്നികൾ അംഗീകരിച്ച് ആചരിച്ചു വരുന്ന കാര്യങ്ങൾ അത് വിദഗത്താണെന്ന ആരോപണം അതിനെക്കുറിച്ച് നിലനിൽക്കുന്നുവോ ഇല്ലേ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കത്തന്നെ എന്തുകൊണ്ട് നാം ഇത്തരം ആചാരങ്ങൾ നിർവഹിക്കുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ സാധുത എന്ത് എന്ന് ഹ്രസ്വമായി വിശദീകരിക്കുകയാണ് ൊണ്ടിരിക്കുന്ന അറിയപ്പെട്ട ഇവർ വിമർശിക്കുന്ന ധാരാളം ആചാരങ്ങൾ നമുക്കിടയിലുണ്ട് നാം ബറാ അത്ത് നോമ്പ് സുന്നത്തായി കണക്കാക്കുന്നവരാ മരിച്ചാൽ തെൽക്കും ചെറിയ തെൽ ചെല്ലുന്നവരാ ഹദ്ദാദ് റാത്തീപ് നടത്തുന്നവരാ ഇതര റാത്തീപുകളും നടത്തുന്നവരാണ് മാനപ്പാട്ടുകളും കുത്തുബിയത്തും ചൊല്ലുന്നവരാണ് കൂട്ടപ്രാർത്ഥന നടത്തുന്നവരാണ് മരിച്ചടുത്ത് യാസീനൊതുന്നവരാണ് ഇലാഹർത്തി അർവാഹി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് മരിച്ചവരുടെ പേരിൽ ഏഴും നാൽപ്പതും ആണ്ടും ആചരിക്കുന്നവരാണ് മഹാന്മാരുടെ മക്കബറകൾ സിയാർത്ഥിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് ജുവാക്ക് രണ്ട് വാങ്ക് വിളിക്കുന്നവരാണ് തറാവി ഇരുപതറക്കം നമസ്കരിക്കുന്നവരാണ് സർവോപരി ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുന്ദ്രങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നിബിന്ധനാഘോഷ പരിപാടികൾ നടത്തുന്നവരാണ് ഈ തരത്തിൽ ഒരു നീണ്ട പട്ടിക അതെല്ലാം അനാചാരമാണ് എന്നിങ്ങനെ വിധ വിഭാഗങ്ങൾ നിരന്തരം ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവർ പ്രസംഗിക്കുന്നു എഴുതുന്നു എന്ന് മാത്രമല്ല അതിന് വിശുദ്ധ ഖുർആാൻ്റെയും തിരുസുന്നത്തിൻ്റെയും പിൻബലത്തോടുകൂടി അത് ഗൗരവതരമായ പാതകമാണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതേസമയം അതൊട്ടും മുഖവലക്കെടുക്കാതെ പതിനാല് നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം സമൂഹം അംഗീകരിച്ച് ആചരിച്ചു വരുന്നത് സുന്നി സമൂഹം കേരളത്തിൽ മാത്രമല്ല ലോകവ്യാപകമായി ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എവിടെയാണ് ഇതിൻ്റെ ശരി വസ്തുനിഷ്ഠമായി ഈ കരം അപഗ്രഥനം ചെയ്താൽ വിശകലനം ചെയ്താൽ സുന്നത് ജമാത്തും ഇതര കക്ഷികളും തമ്മിലുള്ള അഭിപ്രായാന്തരമുള്ള വിഷയങ്ങളിൽ ഏതിലും സുന്നീപക്ഷത്താണ് ശരി എന്നതുപോലെ ഈ വിഷയത്തിനും നൂറ് ശതമാനം ശരി അഹിൽ സുന്നവ ജമാൻ്റെ ഭാഗത്താണെന്ന് ആർക്കും നിഷ്പക്ഷമായി വിലയിരുത്തുന്ന സുഹൃത്തുക്കൾക്ക് കണ്ടെത്താൻ സാധിക്കും നമുക്കെതിരെ അല്ലെങ്കിൽ അനാചാരമാണ് എന്ന് അവരാരോപണം ഉന്നയിക്കുന്ന കാര്യങ്ങളെ നമുക്ക് രണ്ടായി പ്രാധിക്കാൻ സാധിക്കും ഒന്ന് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിന് പ്രമാണങ്ങളിൽ തെളിവുണ്ടോ തെളിവുണ്ട് പക്ഷെ ആ തെളിവിന് പ്രാബല്യതയുണ്ടോ പ്രാബല്യത കുറവാണ് ഈ ഗണത്തിൽപ്പെട്ട ഒരു ഇനമുണ്ട് ഉദാഹരണം പറയാം നമ്മൾ തെൽക്ലീൻ ചൊല്ലുന്നവരാ മയത്തെ കബറടക്കിയ ഉടനെ മയത്തിൻ്റെ കബറിന്റെ മുഖത്തിന് മുമ്പിൽ ഇരുന്നു യാ അബല്ലാ ഇ പിന്നെ അമറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനെ നേർക്കുനേരെ ഫേസ് ടു ഫേസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ തെൽക്ലീൻ ചൊല്ലുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രമാണങ്ങളുടെ നേർക്കുനേരമുള്ള പിൻബലമുണ്ടോ ഹദീസുണ്ടോ ഖുആാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഈ വിഷയം സുന്നത്താണെന്ന് പഠിപ്പിക്കുന്ന സകലമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ആ തെളിവുദ്ധരിക്കുന്നുമുണ്ട് ഇന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ തെൽക്കും ചൊല്ലുന്ന സുന്നത്താണെന്ന് കിട്ടും പക്ഷെ ഉയർന്ന സിഹിൻ കിതാബുകളിൽ ആ ഹദീസിനെ കുറിച്ച് അവിടെ തന്നെ അടിവറയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പരമ്പര ബലമുള്ളതല്ല അത് ശക്തമായി നിലനിൽക്കുന്ന ഹദീസല്ല പക്ഷെ അവിടെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ഈ ഹദീസിന് ഉപോത്പലകമായ ഇതിന് പിൻബലം നൽകുന്ന ഇതിന് ശക്തി പകരുന്ന വേറെ നിവേദനങ്ങളുടെ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട് ഇത്തരം ഹദീസുകൾ ലഭ്യമായാൽ ഫലാ ഇൽ ഉൽ ആണാൽ ഒരു കാര്യം പുണ്യമാണ് പ്രതിഫലാർഹമാണ് സുന്നത്തുള്ളതാണ് എന്ന് പറയുന്ന വിഷയത്തിൽ തെളിവായി സ്വീകരിക്കാമെന്നാണ് ഉസൂർ ഉൽ ഹദീസ് ഹദീസ് നിദാനശാസ്ത്രം ആവിഷ്കരിച്ചവരുടെ സകലമായ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതുകൊണ്ട് സംശയാതീതമായി തൽക്കിൻ സുന്നത്താണ് ഇപ്രകാരം വിശദീകരിച്ചിട്ടുണ്ട് ബറാഹത്ത് നോമിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് ബറാത്ത് നോബിന് ചൂണ്ടിക്കാണിക്കുന്ന ഹദീസ് നൂറ് ശതമാനം പരമ്പര സഹിഹാണോ അല്ല ഇതിന്റെ ഹദീസിന് ധാരാളം ഉപോൽപലകമായ മറ്റു റിപ്പോർട്ടുകളുടെ വന്ന ഹദീസുകൾ പിൻബലം നൽകുന്നുണ്ട് വബ്രിമശ്വരി ഹാലായി ഹുദ് ഫല ഇൽമാൻ ഒരു കാര്യം പുണ്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു ഹലാൽ ഹറാമാക്കാനോ ഹറാം ഹലാലാണ് ഇങ്ങനെയുള്ള മതവിധികൾ സ്ഥാപിക്കാനല്ല ഇത്തരം ഫലായില ഇത്തരം ഹദീസുകൾ തെളിവിന് പര്യാപ്തമാണ് എന്ന ഉസ്മൂൽ ഹദീസിന്റെ നിയമം വെച്ചുകൊണ്ടാണ് ഇത് സുന്നത്താണ് എന്ന് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നത് ഇവിടെ ഹദീസിന്റെ പരമ്പരയിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു നൊഴ്സ് ദൗർബല്യമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ അസ്മാവൽജാലിന്റെ കിതാബിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടർത്തി എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഇതായി ഹദീസിന്റെ പരമ്പരയിൽ ഇന്നയാൾക്ക് ഇന്ന തകരാറ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ഹദീസ് ലളീഫാണ് ഇത് തള്ളിക്കളയേണ്ടതാണ് ഇപ്രകാരമാണ് മുജാഹിദ് ജമാഅറ്റ് തുടങ്ങിയ വിതഴി കക്ഷികൾ നമ്മുടെ ഇത്തരം തെളിവുകളെ നിരാകരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ആരോപണം നിലനിൽക്കുന്നതല്ല എന്തുകൊണ്ട് ഹദീസ്രിച്ചത് ഹദീസിന്റെ പരമ്പരയിൽ ദൗർബല്യം ഉള്ളത് ഏതൊക്കെ ദൗർബല്യം ഇല്ലാത്തത് ഏതൊക്കെ അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതും ആവിഷ്കരിച്ചതും ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാരാണ് അത് പിൽക്കാലത്തെ മഹാപണ്ഡിതന്മാർ ക്രോഡീകരിച്ചതാണ് ഈ നിയമങ്ങൾ ആവിഷ്കരിച്ച് ക്രോഡീകരിച്ച മഹാപണ്ഡിതന്മാർ ുൾഫ് ദൗർബല്യം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ ഹദീസുകളും തള്ളിക്കളയേണ്ടതല്ല ഞങ്ങൾ ഉണ്ടാക്കിയ മാനദണ്ഡം അനുസരിച്ച് ഇന്ന തരം വിഷയങ്ങൾക്ക് ചെറിയ ദൗർബല്യമുള്ള ഹദീസുകളാണെങ്കിലും സ്വീകരിക്കാം പ്രത്യേകിച്ചും അതിന് പോൽബലകമായ ഹദീസുകൾ ഉണ്ടാകുമ്പോൾ അപ്പൊ ഹദീസിന്റെ പണ്ഡിതന്മാർ ആവിഷ്കരിച്ച നിയമം ഒരു ഹദീസ് ലറീഫാണ് അല്ലെങ്കിൽ ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അവരുടെ വാക്കുകൾ ആധാരമാക്കുന്ന ആളുകൾ അവർ ഈ ഇത്തരം ഹദീസുകൾ തെളിവിന് പറ്റുമെന്ന് പറയുന്ന ആ ഭാഗം മറച്ചു വച്ചുകൊണ്ട് അവർ തന്നെ അന്ധമായി അനുകരിച്ചുകൊണ്ട് അവരുടെ കിതാബിൽ എഴുതി വെച്ച ഉദ്ധരണി എടുത്തുകൊണ്ട് ഈ ഹദീസിന്റെ പരമ്പരയിൽ ഇന്നേ ദൗർബല്യമുണ്ട് അതുകൊണ്ട് ഈ ഹദീസ് ഞങ്ങൾ അംഗീകരിക്കില്ല തള്ളിക്കളയുന്നു എന്ന് പറയുന്നത് വിരോധാഭാസമാണ് ബുദ്ധിപരമായി പോലും അക്കാര് നിലനിൽക്കില്ല നമ്മുടെ ലൈൻ ശരിയാണെന്ന് കൃത്യമായി ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കാം ഒറ്റ കാര്യമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബിരാട്ടാണ് അനാചാരമാണ് എന്ന് പറയുന്ന ഒട്ടനവധി കാര്യങ്ങളിൽ ഒരു ഭാഗം തെളിവുണ്ട് ഹദീസ് ഉണ്ട് ഹദീസ് ദുർബലമാണെന്നാണ് അവർ പറയുന്നത് ദുർബലമാണ് എന്ന് ഹദീസ് പറയാൻ അവർക്ക് എവിടെ നിന്ന് വിരങ്ങിട്ടി ഹദീസിന്റെ കിതാബിന്റെ പണ്ഡിതൻ പണ്ഡിതന്മാരുടെ കിതാബിൽ നിന്ന് ആ ഉസ്ബുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ആവിഷ്കരിച്ച നിയമങ്ങളും അവരുടെ കിതാബുകളും അതേ നിയമമാണ് തൊട്ടുപുറത്ത് ഫലാ ഇൽ ഹദീസുകൾ ഹിജ്ജത്താണ് പ്രത്യേകിച്ചും അതിന് ഷാഹിദുകൾ ഉണ്ടെങ്കിൽ ഉപോത്ബലകമായ മറ്റ് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലിയർ റൂട്ടിലാണ് അതുകൊണ്ട് തന്നെ മുഖാമുഖം സംസാരിച്ചാൽ വിതരണ വിഭാഗങ്ങൾക്ക് നിയമങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നമ്മുടെ മാനദണ്ഡം അംഗീകരിക്കേണ്ടി ഈ തൽക്കയിലും ഈ ബറാത്തിൻ്റെ തത്പര്യമായ ഒട്ടനവധി അനാചാരങ്ങളെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളും നേർക്കു ഇരുന്നാൽ അംഗീകരിക്കേണ്ടി വരും ഇതാണ് വസ്തുതാശ്ശേരി നമ്മുടെ കൂടെയാണ് രണ്ടാമത്തെ ഐറ്റംസ് ദുരാചാരമാണെന്നവർ ചൂണ്ടിക്കാണിക്കാൻ പറയുന്ന കാര്യം പിതാത്താണെന്ന് പറയാൻ കാര്യം ഈ വിഷയത്തിലെ ഉള്ളടക്കമൊക്കെ റെഡി പക്ഷേ ഇതേ രൂപത്തിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാ സങ്കളുടെ കാലഘട്ടത്തിൽ ഇല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതൊക്കെ പിതാത്താണ് അനാചാരമാണ് രണ്ടാമത്തെ ഇനങ്ങളെക്കുറിച്ചുള്ള പ്രശ്നം അതാ ഉന്നയിക്കുന്നത് സംഘം നിങ്ങൾ പറയുന്നത് ശരിയല്ലേ ശരിയാണ് ഇത് ശരിയല്ലേ ശരിയാണ് ഒക്കെ റെഡിയാണ് പക്ഷെ നല്ല കാര്യ നല്ല കാര്യമായിട്ട് കാര്യമില്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എല്ലാ പുതിയ കാര്യങ്ങളും അനാചാരമാണ് എല്ലാം അനാചാരമാണ് ഇതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് ഉപോൽപലകമായ തെളിവുകളും അവരുദ്ധരിക്കും ചില തെളിവുകൾ ഉദ്ധരിക്കാറുണ്ട് കുല്ല് പിതാക്കല എല്ലാ പിതാത്തും പുതിയതൊക്കെ അനാചാരമാണ് വഴിതെറ്റിയതാണ് സ്വഹായഹദിസ യഥാർത്ഥ ഹദീസ് അടച്ചൊടുക്കുകയാണ് പറഞ്ഞത് അൽ മുറാദു ഫാ പറയുന്നു എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് പക്ഷേ മൗലികമായി ഖുർആാനോടോ സുന്നത്തിനോടോ എതിരായ വിധം പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കപ്പെടുന്നത് അത് പിതാത്തല്ല ദൃഷ്ടിയിൽ അനാചാരമല്ല സംശയിക്കപ്പെടേണ്ടതില്ല പുതിയത് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എല്ലാം എന്നല്ല ഖുറാനോടും സുന്നത്തിനോടും എതിരായത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഹാഫുബിൻ ഹജറു അസ്കലാനി ഫുൽ വ്യാഖ്യാനിക്കുന്നു സച്ചരിതരായ മുൻഗാമികളുടെ വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കണമെന്നാണ് നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ പാക്കിൻ്റെ നേരർത്ഥം അംഗീകരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ലലാല എന്ന് പറഞ്ഞാൽ സയ്യത്തിൻ ല എല്ലാ മോശമായ പുതിയ സംവിധാനങ്ങളും എതിർക്കപ്പെടേണ്ടതാണ് അനാചാരമാണ് സിഫത്ത് കളഞ്ഞു പോയതാണ് സൂഹത്തിൽ കഫ് വെള്ളിയാഴ്ച നമ്മൾ എന്നും ഒന്ന് സൂഹത്തിലുണ്ട് പ്രസിദ്ധമായ ചരിത്രം നമുക്കറിയാം ആ ചരിത്രത്തിൻ്റെ ഭാഗമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കുല്ലു സഫീനത്തിൻ റസ്ബ എല്ലാ കപ്പലും ആ രാജാവ് പിടിച്ചെടുക്കും കൊള്ളക്കാര് പിടിച്ചെടുക്കും അതുകൊണ്ടാണ് കപ്പലിന് ഞാൻ കേടുണ്ടാക്കിയതെന്ന് ഹദർ നബി അലി ഇസ്ലാം വിശദീകരിച്ചു എല്ലാ കപ്പലും പിടിച്ചെടുക്കൂലാ ആ ആ കൊള്ളക്കാര് നമുക്ക് ചരിത്രം അറിയാം ഖുറാൻ വ്യാഖ്യാനം അറിയാം കപ്പലിന് സുരക്ഷിതമായ കപ്പൽ കുഴപ്പമില്ലാത്ത നല്ല കപ്പലെ പിടിച്ചെടുക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കപ്പലിന് ദോര തൽക്കാലം കൊള്ളക്കാർക്ക് നിങ്ങളെ കപ്പൽ കിട്ടാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് കപ്പൽ വെള്ളം കപ്പൽ കരക്കടുപ്പിച്ചു ആ അത്ഭുതകരമായ സംഭവം വിശുദ്ധ കുറുവാൻ സൂഹത്തുൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ കുല്ലു സഫീനത്തിന് നഗസുബെന്നാൽ എല്ലാ കപ്പലും കവർച്ചു ചെയ്യപ്പെടുമെന്നല്ല കുല്ലു സഫീനത്തിന് സാലേഹത്തിന് നഗസുബ എല്ലാ നല്ല കപ്പലും കവർച്ചു ചെയ്യപ്പെടും എന്നാർത്ഥം അപ്പൊ വസ്ഫ് സിഫത്ത് വിശേഷണം എന്ന് പറയുന്നത് സാധാരണ കളഞ്ഞു പോകാറുണ്ട് അപ്പൊ കുല്ലു പിതാത്യൽ വലാൽ എന്നാൽ എല്ലാ പുതിയതും എന്നല്ല മറിച്ച് അല്ല കുല്ലു പിതാത്തിൽ സയ്യ ഖുറാനോടും എല്ലാ പുതിയ കാര്യങ്ങളും തള്ളപ്പെടേണ്ടതാണെന്ന് അതിൻ്റെ വ്യാഖ്യാനമെന്ന് ഹാഫുൽ ഹജ്റു അസ്കലാനി രേഖപ്പെടുത്തുന്നു ഇരിക്കട്ടെ ഈ തരത്തിലുള്ള ഈ പുതിയ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ നിബിധനാഘോഷ പരിപാടികൾ ഉൾപ്പെടെയുള്ള ഈ പുതിയ സംവിധാനങ്ങൾ അനാചാരമാണ് എന്ന് പറയാൻ പ്രധാനമായും രണ്ട് തെളിവുകളെയാണ് അവരാധാരമാക്കുന്നത് ഒന്ന് ഇത് ദുർബലമാണ് എന്ന് പറയാൻ പ്രധാനമായും ആധാരമാക്കുന്ന തെളിവ് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത ഹദീസ ഇവരെ വിതത്തും സുന്നത്തും എല്ലാ പുസ്തകത്തിലും അവർ എഴുതി വച്ചിട്ടുണ്ട് സൊഹീഹുൽ ബുഹാരിലെ ഹദീസിന് പോലും അതിൻ്റെ ഒരു റാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കുഴപ്പം ഏതെങ്കിലും ഒരു കിത്താബിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വച്ചിട്ട് ബുഹാരിയുടെ ഹദീസ് എന്ന് പറയുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം അതേ മുജാഹിദ് പ്രസ്ഥാനം പുതിയ നല്ല സംവിധാനവും ഒരു കാരണവശാലും പറ്റില്ല അത് അനുവദിക്കപ്പെടില്ല അത് അനാചാരമാണ് എത്ര നല്ലതാണെങ്കിലും സ്ഥാപിക്കാൻ അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു പ്രധാന ഹദീസ് അവർ തെളിവായി ഉദ്ധരിക്കുന്നത് ഇമം ദാരിമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്താണ് ദാരിമിയുടെ ഹദീസ് ഞാൻ വളരെ ചുരുക്കത്തിൽ ആ ഹദീസിന്റെ പ്രസക്ത ഭാഗതങ്ങൾ കേൾപ്പിക്കാം മഹാനായ ഹക്കബു അബു മുബാറക്കും മുഖത്തിൽ അമ്രബു അഹിയ വഴി അബ്ദുള്ള അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അബ്ദുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നു സുബൈ നിസ്കാരത്തിന് മുമ്പ് പള്ളിയിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയത് ഞാൻ കണ്ടു റൈറ്റ് മസ്ജിദ് കൗമൻ ഒരുപാട് ആളുകൾ പള്ളിയിൽ സുബൈ മുമ്പൻ വരുന്നുണ്ട് ഒരുപാട് വട്ടം വട്ടമായിട്ട് ഇരുന്നിട്ട് എന്തേലും കാത്തിരിക്കുക ത്തിനും ഓരോ ആളുകളുണ്ട് ഹസൻ അവരുടെ കൈകളിൽ കല്ലിന്റെ ചെറിയ ചിരക്കല്ലുകൾ ഉണ്ട് ഫയക്കൂൽ ഒരാൾ പറയും കബിറൂറ് തല്ലു കോളിന്ന് പറയും നൂറ് വട്ടം തെക്ക്ബിറല്ലും ഒരു കല്ല് വെക്കും കോളിന്ന് നൂറ് വട്ടം ചെല്ലും ഐ കണക്കാക്കാനാണ് ചിരക്കല്ലു കയ്യിൽ വെച്ചിട്ടുള്ളത് വയപ്പോലും വേറെ സഭ്യഹൂമി ആ തസ്ബിഹല്ലു കൊള്ളി നൂറ് വട്ടം അപ്പൊ നൂറ് വട്ടം തസ്ബീഹല്ലും ഈ സംഭവം കണ്ടപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞു വൈഹക്കും എന്തൊരു നാശം യാ ഉമ്മത്ത് മുഹമ്മദും എത്ര പെട്ടതാണ് നിങ്ങളൊക്കെ നശിച്ചു പോയത് ഹാലായി സ്വഹാബത്ത് നബീക്കും ഇത് നിങ്ങളെ നബിന്റെ സ്വഹാപത്ത് മരിച്ചു പോയിട്ടില്ല വഹാദ് ഹി സിയാബു റസൂന്റെ വസ്ത്രമാണ് ഇതിലും തബുലു അത്മ്പി പോയിട്ടില്ല വാണിയൻ തുക്കസർ റസൂല്ലാന്റെ പാത്രാണ് തങ്ങൾ ഉപയോഗിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല ുംഹിദാമി മുഹമ്മദ് വിശ്വാസം കൊണ്ടുവന്ന മതത്തെക്കാൾ നല്ലൊരു മതം കൊണ്ടുവരാൻ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഔ മുത്താബി വലാലാ അല്ലെങ്കിൽ ലലാലത്തിന്റെ അധ്യായം നിങ്ങൾ തുറക്കുകയാണോ നിങ്ങൾ വഴികേടലേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ആട്ടി ഓടിച്ചു എന്ന് ദാരിയുടെ ഹദീസിൽ പറയുന്നു ഈ ഹദീസ് ആണെങ്കിൽ ആളുകൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്ന എത്ര നല്ല കിബിർ നല്ലതല്ലേ ലായ്ലാൽ നല്ലതല്ലേ സുബാനുള്ള നല്ലതല്ലേ പക്ഷെ റസൂർ എണ്ണം വെച്ച് ചൊല്ലിയിട്ടില്ല കല്ലിങ്ങനെ വെച്ച് കണക്കാക്കി എണ്ണ എണ്ണാക്കി ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് പക്ഷെ എണ്ണം നിശ്ചയിച്ച് ചൊല്ലുന്ന രീതി കണ്ടപ്പോൾ അതിനെ പരസ്യമായി സ്വഭാവത്തെ എതിർത്തു എന്ന് പറയുമ്പോൾ എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും പുതു പുതിയ സംവിധാനങ്ങൾ പറ്റില്ല എന്ന് കിട്ടും യഥാർത്ഥത്തിൽ ഈ ഹദീസ് ലഹീഫാണ് ഈ ഹദീഫ് ദുർബലമാണ് ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടി സവിനയം ഉണർത്തുകയാണ് ഇവർ പിതാത്തുമായി ബന്ധപ്പെട്ട ഏത് പ്രസംഗം നടത്തിയാലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഹദീസാണ് കണ്ണും ചുമി ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണ് ഈ ഹദീസിന്റെ നിവേദക പരമ്പരയിൽപ്പെട്ട ഹക്കമുബിൻ മുബാറക്കും അമ്രുബിൻ പറയുന്ന വ്യക്തിയും രണ്ടു പേരും ദുർബലരാണ് എന്ന് ഇമാം റഹബി തന്റെ മീസാലിനും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാഫി ഹകർ അസ്കലാനി ലിസാൻ മീസാലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഉദ്ധരണികൾ വായിച്ച് സമയം നഷ്ടപ്പെടുന്നില്ല പരിശോധിക്കുന്നവർക്ക് പരിശോധിച്ച് വിശാലമായി കണ്ടെത്താൻ സാധിക്കും ഈ രണ്ട് പേർ ദുർബലമായതുകൊണ്ട് ഹദീഫ് ലറീഫാണ് ദുർബലമാണ് തെളിവിന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ആ തെളിവ് അവസാനിച്ചു പിന്നെ രണ്ടാമത്തെ തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നത് قال رسول الله الله صلى عليه وسلم من من في في هذا ما ليس منه فهو یہ ും പുതുതായി ഉണ്ടാക്കിയാൽ ഈ കാര്യം അതിനോട് നിരക്കാത്ത തരം കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാ ലൈസമിഹു അതിൽ പെട്ടത് അല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അതിനോട് യോജിക്കാത്ത തരം കാര്യം ഉണ്ടാക്കിയാൽ ഫഹുവർദ്ദപ്പെടണം ഇതാണ് ഹദീസ് ഇമാം ബുഹാരി ആധികാരികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പറയുന്നു തങ്ങളെ വാക്കാണല്ലോ തങ്ങളൊരു വാക്കും അലക്ഷ്യമായി പറയില്ല അക്ഷരം ഉച്ചരിക്കണമെങ്കിൽ പഠിച്ച റബ്ബിന്റെ വഴി വേണം സന്ദേശം വേണം ഇല്ലാതെ പറയില്ല അള്ളാഹുന്റെ ഹബീബാണ് പറയുന്നത് നമ്മുടെ ദീനിൽ ആരെങ്കിലും പുതിയ കാര്യം ഉണ്ടാക്കിയാൽ പുതുതായി ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തള്ളണം നല്ലു ആ ദീനിനോട് യോജിക്കാത്ത തരം കാര്യം ഉണ്ടാക്കിയാൽ ഫഹുവറദ്ദും തള്ളപ്പണമെന്നാ അങ്ങനെ വാക്ക് മാ ലൈസം ഇന്നു ദീനിനോട് യോജിക്കാത്ത കാര്യം ദീനിലുൾപ്പെടാത്ത കാര്യം ഉണ്ടാക്കിയാൽ എന്നാൽ വാക്കിന്റെ അർത്ഥം ിയാൽ എന്ന വാക്കിൽ നിന്ന് കിട്ടും എന്താ സൂചന അടിസ്ഥാനപരമായ ഖുർആാനോടോ സുന്നത്തിനോടോ അസറിനോടോ ഇജുമാനോടോ എതിരാകാത്ത തരം പുതിയ കാര്യങ്ങൾ മൗലികമായി ഖുർആാനോടും സുന്നത്തിനോടും ഇജ്മാനോടും അസറിനോടും എതിരാകാത്ത തരം ഉണ്ടാക്കാം എന്ന് കിട്ടും കമാസൻ ഒക്കെ ആയത് ശേഷം ഞാനത് വിശദീകരിക്കുന്ന പോലെ എന്ന് പറയുന്നുണ്ട് ശേഷം വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട് വളരെ കൃത്യമാണ് ഉമ്മാ ലൈസം തങ്ങൾ ബോധവൂർണത് ദീനി പുതിയ ഏത് സംവിധാനങ്ങൾ തള്ളണം അള്ളാഹുന്റെ ഹബീബ് മുക്ത മുഹമ്മദ് മുസ്തഫ സാർ പറഞ്ഞിട്ടേ ഇല്ല തങ്ങൾ പറഞ്ഞത് ദീനിനോട് യോജിക്കാത്ത കാര്യങ്ങൾ പുതുതായി ആരുണ്ടാക്കിയാലും തള്ളപ്പണ്ണെന്നാണ് അപ്പൊ യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ എന്ന വാക്കിൽ നിന്ന് തന്നെ കിട്ടി വ്യാഖ്യാതാക്കളെ യോജിക്കുന്ന തരം കാര്യങ്ങൾ ഉണ്ടാക്കാം എന്ന് കിട്ടുന്നു എന്ന് ഇതാണല്ലോ വസ്തുത അതുകൊണ്ട് തന്നെ ഔ അസറൻ ഔൻചര്യക്കെതിരായി സ്വഹാബത്തിന്റെ വാക്കുകൾക്കെതിരായി അതുപോലെ തന്നെ ഇജ്മാനെതിരായി പിൽക്കാലത്ത് രൂപീകരിക്കപ്പെട്ട പുതിയ സംവിധാനങ്ങൾക്കാണ് വിദാഹത്തു ലാൽ വഴിതെറ്റിയ അനാചാരം എന്ന് പറയുന്നത് എന്ന് മഹാനായി ഇബുനഹുൽ അസ്കലാൻ മാത്രമല്ല ഇമാം ഷാഫി റഹ്മുള്ളയും ഇതുപോലെ വിശദീകരിച്ചിട്ടുണ്ട് തങ്ങളെ കാലത്തില്ലാത്തൊക്കെ വിദാത്ത അതുകൊണ്ടാണ് ഉസ്മാനുല്ലാഹുന്റെ രണ്ടാം പാങ്ക് അനാചാര പറഞ്ഞത് പറയേണ്ടി വന്നത് തറാവ് അനാചാരമാണെന്ന് പറയേണ്ടി വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വിഷുപ്ത ഖുറാനോടും തിരുസുണ്ണത്തിനോടും നിരക്കാത്ത തരം പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് അനാചാരം എന്നതാണ് വസ്തുത പക്ഷേ ഇവർ ഈ ഹദീസ് തെളിവായിട്ട് എങ്ങനെ ഉദ്ധരിക്കും മര്യാദക്ക് ഹദീസിന് അർത്ഥം പറയില്ല ഇതുമായി ബന്ധപ്പെട്ട ഏത് പുസ്തകത്തിലും ഏത് പറയുന്ന ഹദീസ് നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതിയതായി ഉണ്ടാക്കിയാൽ മാലൈ സമീഹിന്റെ അർത്ഥം മര്യാദക്ക് വയ്ക്കൂല മാലയ്സം എന്നതിന് അവർ പറയുന്ന അർത്ഥം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തമാശ പറയുകയല്ല അറബി അറിയുന്ന ധാരാളം സുഹൃത്തുക്കളീ മതിലിസുണ്ടല്ലോ മാ ലൈസം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഫഹുർദ്ദിന് തള്ളപ്പെടണം നമ്മൾ പറയുന്നു അള്ളാഹുന്റെ ഹബീബിന്റെ ഈ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന് ദീപിൽ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തള്ളപ്പെടേണ്ടതാണ് എന്തുണ്ടാക്കിയാൽ തള്ളണം ഈ ഹദീസിന് അർത്ഥമുണ്ടെങ്കിൽ നമ്മൾ നബീദിനെ നിർത്തിവെക്കേണ്ടതാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആചാരങ്ങൾ നിർത്തിവെക്കേണ്ടതാ ഒരുപാട് ആചാരങ്ങൾ കാരണം തങ്ങളെ കാലത്തില്ലാത്ത എല്ലാ പരിഷ്കരിച്ച രീതികളും നിർത്തിവെക്കണം കാരണം ഈ ഹദീസിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന അർത്ഥം അങ്ങനെയാണ് നോക്കൂ നിങ്ങൾ ഈ പുസ്തകം ആദർശ ഡയറി എന്ന പേരിൽ എല്ലാ സയൻസ് ആൻഡ് ടെക്നോളജി കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും അതുപോലെ ഭൗതിക വിദ്യാർത്ഥികൾക്ക് വ്യാപകമായി സൗജന്യമായി ആ മുജാഹിദ് പ്രസ്ഥാനം വിതരണം ചെയ്തു പുസ്തകമാണ് കൊച്ചു കൊച്ചു വിഷയങ്ങൾ തെളിവുകൾ ആയത്വം ഹദീസ് നമ്പറിട്ട് അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ പുസ്തകത്തിൽ ഈ ഹദീസിന് അവർ കൊടുത്ത അർത്ഥം നിങ്ങൾ കേൾക്കണോ ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ തൊണ്ണൂറ്റിനാലിൽ കൃത്യമായി ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഹദീസിന്റെ നമ്പറും എല്ലാം കൊടുത്തിട്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം കൊച്ചുകുട്ടികളെ തെറ്റിദ്ധരിപ്പിക്ക് നോക്കൂ കാലത്ത് പറഞ്ഞു എന്ന ഹദീസിന്റെ നമ്പർ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുസ്ലിം റക്കം ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് മുസ്ലിമിലെ ഹദീസ് ആയിരത്തി കൃത്യമായിട്ട് ഹദീസും പേജും നമ്പറുവാ നമ്മളൊന്ന് കൊടുക്കുന്നത് ഇതിനൊരു കൊടുത്ത അർത്ഥം കേട്ടോ ആയിസ്വലാഹു നിവേദനം നബിസ്വലാഹുസ് പറഞ്ഞു നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളപ്പെടേണ്ടതാണ് സൊഹീഹുൽ ബുഹാരി മുസ്ലിം സുബാൻ മൻഅഹദി അമ നമ്മുടെ ഈ ദീൻ കാലത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അർത്ഥം ശരി മാലു എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്നൊരർത്ഥം അറബി ഭാഷയിൽ ഈ സംവിധാനങ്ങൾ അനാചാരമാണ് സ്ഥാപിക്കാൻ വേണ്ടി പച്ചയായി ഹദീസ് വളച്ചൊടുക്കുക മാത്രമല്ല ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമല്ല ഹദീസിന് ഇല്ലാത്ത വ്യാജ അർത്ഥം കെട്ടിച്ചമച്ച് രേഖപ്പെടുത്തി അടിച്ചേൽപ്പിക്കുകയാണ് മാലയ്സലു എന്തെങ്കിലും പുതുതായി യഥാർത്ഥത്തിൽ അങ്ങനെ വ്യാജമായ അർത്ഥമാണ് ഈ പുസ്തകത്തിൽ കൊടുത്തത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അത് ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയാൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം അല്ല സുഹൃത്തുക്കളെ ഇത് ഇസ്ലാഹി മാസികയാണ് ഇസ്ലാഹി മാസികയിലും ഇതേപടി വിഷയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് മൻഅഹദ് ഹദീസ് അർത്ഥം കൊടുത്തത് നമ്മളെ ഇതീൻകാലത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് ബുഹാരി മുസ്ലിം ഇസ്ലാഹി മാസിക മാത്രമല്ല കുവൈത്തിലെ കെ എൻ എം കമ്മിറ്റി പ്രസിദ്ധീകരിച്ച നിബിധനവുമായി ബന്ധപ്പെട്ട ലഘുലേഖയിലും ഇതേ അർത്ഥം കൊടുത്തിരിക്കുന്നു നമ്മുടെ ഈ മതകാലത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അത് തള്ളപ്പെടേണ്ടതാണ് ബുഹാരി മുസ്ലിം ഇതൊരു അബദ്ധം സംഭവിച്ചതല്ല ബോധപൂർവം അറബി അറിയാത്ത ബഹുഭൂരിപക്ഷം കേരളീയ ഇസ്ലാമിക സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി ില്ലാത്ത ഒരു പുതിയ സംവിധാനവും പറ്റില്ല എന്ന് അസന്നിഗ്ധമായി തങ്ങൾ പറഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തപ്പെടാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു പച്ചയായി വളച്ചൊടിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥം തങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല തങ്ങൾ ബോധപൂർവമാണ് പറഞ്ഞത് വഫീ മൻഫി അമ നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ മാജിക്കാത്ത ദീനുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും പുതിയ കാര്യം ഉണ്ടാക്കിയാൽ ഫെഹ്വർ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് അതിൻ്റെ വസ്തുത അപ്പൊ അടിസ്ഥാനപരമായി സുന്നത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞതൊക്കെ പെട്ടു ചെയ്തതൊക്കെ പെട്ടു റസൂർലാന്റെ മൊത്തത്തിൽ അംഗീകാരമുള്ള എല്ലാ വിഷയങ്ങളും പെട്ടു ഹാഫുലസ്കലാലയുടെ ഉത്തരവ് എടുത്താൽ ഒമ ഹി ഫൈലി തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് കൂടി ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രവാചക ചര്യാണ് സുന്നത്ത് ബിദാത്ത് നമ്മൾ ആ സുന്ദത്തിനോട് ആ റഹാനോട് സ്വഭാവത്തിനോട് ഇജ്മാവിനോട് വിയോജിക്കുന്ന വിധം പുതുതായി ആവിഷ്കരിക്കപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിഷു ഖുഹാനോടും തിരുസുന്നത്തിനോടും മൗലികമായി യോജിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ കാര്യങ്ങൾ തള്ളപ്പെടേണ്ടതല്ല ബിദാത്തല്ല അനാചാരമല്ല എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മൗല്യത് ഇപ്പം നബിതനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ വ്യാപകമായി നടന്നു വരികയാണ് റബിയുൽ ആഹ്റായിട്ടും അവസാനിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഈ മൗല്യത്തിലുള്ള ഓരോ വരികളും മൗല്യത്തിന്റെ ഭാഗമായി നടത്തുന്ന ഓരോ വിഷയങ്ങളും നേർക്കു നേരെ ഓരോന്നോരോന്നായി പരിശോധിച്ചാൽ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ സംയുക്ത രൂപമാണ് നിഷേധിക്കാൻ സാധിക്കുക ഇപ്പൊ അവസരം നമ്മുടെ ഏത് മൗല്യത്തിനും പ്രവാചകരെ പ്രകീർത്തിക്കുന്ന ഒരു വരിയാണ് ഓരോ വരികളെ നമുക്ക് സാധിക്കുന്നത് പ്രവാചക ചരിത്രം പരിശോധിച്ചാലോ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുലാൻ സമൃദങ്ങൾ വിഷുദ്ധ മക്കയിൽ നിന്ന് മതികയിലേക്ക് ഹിജർ വരുമ്പോൾ മതിലായ അൻസാരികളായ സ്വഹാഭിവരന്മാർ എന്നല്ല ആ ബാലവൃദ്ധം ജനങ്ങൾ ലബിതങ്ങളെ വരവേറ്റത് എങ്ങനെയാണ് സ്വാഗതം ചെയ്തെങ്ങനെയാണ് വളരെ കൃത്യമായി നമ്മുടെ മൗല്യത്തിന്റെ കിത്താബിലുള്ള ഈരടികൾക്ക് സമാനമായ ഈരടികൾ ചൊല്ലിക്കൊണ്ടേ അറബികൾ ഇന്നും ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖം മുട്ടിക്കൊണ്ട് മൗര്യത്തിന്റെ ഈരടികൾ ചൊല്ലിക്കൊണ്ട് തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് സഹാപത്തി എന്നെ എതിരേറ്റപ്പോൾ തങ്ങളെ പുകഴ്ത്തലും പ്രകീർത്തിക്കലും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന പോലെ അനാചാരമാണെങ്കിൽ ജമാത്ത് അതിന് പിൻവാങ്ങി ജമാഅത്ത് പരസ്യമായി മൗല്യെ കുറിച്ചുള്ള സെമിനാറുകളും നിബിന്ധന ക്യാമ്പയിനുകളും നടത്തിക്കൊണ്ടിരിക്കുക മുജാഹിദാണ് ബാക്കി നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റാണെങ്കിൽ തങ്ങൾ പതിലേ മതിയത്ത് ഇറങ്ങി വന്നിട്ട് ആ നിർത്തി നിർത്ത് നിർത്ത് ഞാൻ തൗഹീദ് പഠിപ്പിക്കാമെന്ന ആളാണ് സുന്നത്ത് പഠിപ്പിക്കാൻ വ്യക്തിപൂജ ഇസ്ലാമിലന്നെ പോയിരുത്താൻ പറ്റില്ല പ്രത്യേകിച്ചും ഈ മാതിരി പാട്ടൊന്നും പാടാണെങ്കിൽ നിർത്തെന്ന് പറയട്ടെ തങ്ങൾ പറഞ്ഞില്ലാന്ന് മാത്രമല്ല ഹദീത് പഠിപ്പിക്കുക തങ്ങളും അതിൽ പങ്കുചേർന്നുകൊണ്ട് അവരോടൊപ്പം കൂടിക്കൊണ്ട് അങ്ങനെ സ്വീകരിച്ച് ആനച്ച് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുക കൂട്ടിക്കൊണ്ടുപോയ ഈ വെരിയിലെ ഈ പദ്യത്തിന്റെ ശകലം നിങ്ങൾ നോക്കി തലാൽ നമ്മുടെ പൂർണ്ണപൂർണി ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തു അപ്പോൾ മറ്റു നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോയി സെയിം വാക്കാണ് അത് തന്നെയാണ് സ്വഹാപത്തിന്റെ മൗല്യത് തലാൽ ബദുറു അലയിന ഇതാ പൂർണ്ണപൂർണം ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്തു ഒരു ഡിഫറൻസും ഇല്ല തലാ എന്ന വാക്കാടെ ഉദിച്ചു എന്നർത്ഥം അഷറക്കാന്ന വാക്കായി ഉദിച്ചു തന്നെ രണ്ട് വാക്കിൽ മാത്രം വ്യത്യാസം ആശയത്തിൽ ഒരു വ്യത്യാസവുമില്ല ഇതാണല്ലോ സത്യം അപ്പൊ ഈ പ്രകീർത്തനം സ്വഹാപത്ത് നടത്തിയ സെയിമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഓരോ വരിയിലും മൗല്യത്തിന്റെ ഓരോ വരികളും എടുത്താൽ ശരിക്കും അതിലൊക്കെ ജവാബ് പ്രകീർത്തനത്തിൻ്റെ ജവാബ് സ്വലാത്ത് മാത്രാ മാത്രം നിങ്ങളിത് ആ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മറ്റു നക്ഷത്രങ്ങൾക്കിടയിൽ അതിന്റെ ആ സൗകുമാനം വിശദീകരിക്കുമ്പോൾ നമ്മൾ ജവാബ് എന്താ തോന്നുന്നത് അപ്പോഴേക്കും ുന്നത് ഇസ്ലാമിലല്ലേ ഓ അത് വളരെ ആവശ്യമാണ് അവർക്ക് എതിർപ്പൂ ഇല്ല അതിന് കുഴപ്പം പറയില്ല പ്രകീർത്തി തന്നെയാണല്ലോ പ്രകാശത്തിന്റെ നാളെ ഞങ്ങൾ നരകത്ത് നിന്ന് രക്ഷിക്കാൻ അധികാരം അള്ളാഹു കൊടുത്ത അള്ളാഹു കൊടുത്താ ഈ സ്വലാത്ത് ഇസ്ലാം പഠിപ്പിച്ചതല്ലേ പഠിപ്പിച്ചതാണ് ഇതൊന്നും ഒരു തർക്കവും ഉന്നയിക്കാല്ല ഒരു പ്രശ്നവും ഉന്നയിക്കാല്ല അവർക്ക് പറയാനുള്ള പ്രശ്നം എന്താ ഒരേ ഒരു പ്രശ്നമാണ് ഇതിന് പ്രത്യേകമായ ഒരു സമയം പ്രവാചകൻ നിശ്ചയിച്ചിട്ടില്ല ഇതിന് പ്രത്യേകമായി റബി ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ ഒന്നു മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ മലേഷ്യയിലാണെങ്കിൽ മലേഷ്യയുടെ സൂറത്തുക്കളുണ്ട് റബീഉൽ അവൽ 1 മുതൽ ശഅബാൻ 29 വരെ ഒരു 6 മാസക്കാലം ലോകത്തെ പല എടത്തും പല രീതിയിലാണ് മൗലിദ് പരിപാടികൾ നടക്കുന്നത് ഇങ്ങനെ സമയം നിശ്ചയിക്കുക പ്രത്യേകമായിട്ട് അതുപോലെ ഈ പ്രത്യേക മൗലിന്റെ രചന ആദ്യം പദ്യം പിന്നെ ഗദ്യം പിന്നെ പദ്യം പിന്നെ ഗദ്യം ആധുനിക മൗലിക സാഹിത്യം ഇതൊന്നും പ്രവാചകളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നാണ് പറയാനുള്ള ഒരു പ്രധാന ആരോപണം അത് സത്യം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഈ രീതിയിൽ പരിഷ്കരിച്ച സംവിധാനം തങ്ങളുടെ കാലഘട്ടത്തിലില്ല ഇതിന്റെ ഉള്ളടക്കം യഥാവിധി അവിടെ ഉണ്ട് അടിസ്ഥാനപരമായി കുർആാനോടും സുന്നത്തനോടും വിയോജിക്കുന്ന എതിരാകുന്ന ഒരു ഭാഗവും ഇതിലില്ലായെന്ന കാര്യം പ്രകടമായ യാഥാർത്ഥ്യമാണ് സത്യമാണ് ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കിയാലും വസ്തുതാപരമായി മൗലികമായ ഖുറാനുള്ള സമയത്ത് എതിരല്ലാത്ത സംവിധാനം ഏത് കാലത്തും ആകാമെന്നാണെങ്കിൽ നമ്മുടെ ലഭിതല പരിപാടികളെ എതിർക്കാനോ വിമർശിക്കാനോ വിശുദ്ധ കുറ ലഭിവചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടല്ലാതെ ഒരു തെളിവും ആർക്കും ഉദ്ധരിക്കാൻ സാധ്യമല്ല അത്തരം തെളിവുകൾ നിലനിൽക്കില്ല ഇനി അല്ല പുതിയ ഏത് സംവിധാനം നല്ലതാണെങ്കിലും തള്ളപ്പെടണം എന്ന നിലപാട് സ്വീകരിച്ചാൽ ഉറച്ചു നിന്നാൽ ഈ സംസ്ഥാന സമ്മേളനം വിരാത്ത ഇത് അള്ളാഹാന്റെ ദീൻറെ ദാഴത്തിന് വേണ്ടി എൺപത്തഞ്ചാം വാർഷിക സംസ്ഥാന മഹാസമ്മേളനം നമ്മൾ നടത്തുന്നത് അള്ളാഹുന്റെ ഹബീബിന്റെ ചരിത്രം പരിശോധിച്ചാൽ തങ്ങൾ പ്രവാചകനായി ജീവിച്ച ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ ഒരു കൊല്ലം പോലും സംസ്ഥാന സമേളം നടത്തിയിട്ടില്ല ഒരു ഹദീസിനും കാണാൻ കഴിയില്ല തങ്ങൾ നടത്തിയിട്ടില്ല ഹജ്ജത്തിൽ പോലെ നടത്തിയ ഹജ്ജിന്റെ ഭാഗം ഇപ്പൊ നമ്മളൊന്നും നടത്തുന്ന അത് വേറെ ദീനിന്റെ ദാഴത്തിനു വേണ്ടി തങ്ങളും സംസ്ഥാന സമേളം നടത്തിയിട്ടില്ല നമുക്ക് നടത്താൻ അടിസ്ഥാനപരമായി ഖുറാൻ സുന്നത്തിനോട് എതിരാകാത്ത ഏത് പുതിയ പരിഷ്കൃത സംവിധാനങ്ങളും ആകാം പറഞ്ഞ് സുന്നിക്ക് നടത്താം പക്ഷെ മുജാഹിദ് എങ്ങനെ സംസ്ഥാന സമയം നടത്താം ജമാർ എങ്ങനെ സംസ്ഥാന സമയം നടത്താം ഒരു മറുപടിയും പറയാൻ സാധ്യമല്ല ഒരു മറുപടിയും പറയാൻ സാധ്യമല്ല ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ മൗലികമായ ഖുറാനുസുലത്തിനും എതിരല്ലാത്ത സംവിധാനങ്ങളാകാമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫാസ് സൂചിപ്പിക്കല്ല നേർക്കു നേരെ പഠിപ്പിച്ചത് കല്ലാന്റെ റസൂലിന്റെ ദീനല്ലേ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് അനസർഅള്ളാഹെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ഹദീസുള്ളത് മദീനയിലെ മറ്റൊരു പള്ളിയാണ് മസ്ജിദ് അല്ലാത്ത പള്ളിയ മസ്ജിദ്ബാ പള്ളിയിൽ അവർക്ക് ഒരാൾ ഇമാമും ഇരുന്നു തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഇമാമിന് പ്രത്യേകത എല്ലാ റെക്കാലത്തും കാന സൂറത്തിനു മൂപ്പൻ ആരംഭിക്കുക ഫാത്തിന സൂറത്താണല്ലോ സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുൽഹു സൂറത്ത് അഡീഷണൽ ഫിറ്റ് ചെയ്യും ഫാത്തി കഴിഞ്ഞ ഉടനെ സുഹൃത്തുക്കാണ് ഏത് രകാലത്തിനും എല്ലാ ദിവസവും കേൾക്കുന്ന ആൾക്കാർ എവിടെ ഇത് കാണുന്നില്ലേ സംവിധാനം അപ്പോ മസ്ജിദ് കുബയുമായി ബന്ധപ്പെട്ട അവിടെ ജമാത്തിൽ പങ്കെടുക്കുന്ന മൗനൊക്കെ സ്വാഭാവികളല്ലേ ഒരു ഉറുമുറുപ്പ് അതൊന്നും കാരണമാര് പറഞ്ഞു നമുക്ക് ഉസ്താണെന്ന് ആലോചിക്കാറുണ്ട് എന്നാൽ ശരി ഉസ്താദേവൻ്റെ റൂം പോകുകയായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ കാരണമാർ പ്രശ്നം ഉണ്ടെങ്കിൽ ഉസ്താനോട് പോയി സ്വകാര്യമായിട്ട് പറയല്ലേ ഉസ്താദേ നിങ്ങളെ ഈ നിസ്കാരത്തിന് ഇപ്പോൾ നമുക്കൊരു ചെറിയ അഭിപ്രായം ഉണ്ടാക്കാർക്ക് കൂടെ ഞങ്ങളെ അഭിപ്രായം ആൾക്കാർ മൊത്തം പറഞ്ഞൊരു വിഷയമാണ് പ്രശ്നമൊന്നുമല്ല നമുക്ക് ഈ സുഹൃത്ത് ഫാത്തി കഴിഞ്ഞാൽ ഒരു വലിയ സുഹൃത്ത് ഓദ്യാലും കുഴപ്പമില്ല എല്ലാ സ്ഥലത്തുള്ളമാരി തന്നെ ചെയ്താൽ പോലെ നമ്മളൊരു ഉലുവല്ലാഹായ തന്നെ സുഹൃത്തുക്കൾ അധികം ഇഹലാസ് കൊടുക്കുന്നത് അതവിടെ ഒഴിവാക്കൂടുകയും ചോദിച്ചു ഒരഭിപ്രായം വരെ ഉസ്താദായിരുന്നു ഉസ്താദ് പറഞ്ഞു സജീവ ഉസ്താദ് പറഞ്ഞു താരിക്കെന്ത് പറഞ്ഞ കാര്യമില്ല ഞാൻ ആ സൂറത്തുൽ ഒഴിവാക്കൂടായിരുന്നു ഈ നെഹബാബത്തും ഔമുക്കും പിതാരിക്കഷ്ടമാമായി തുടരാ വൈ കരിഹത്തും തറക്കത്തും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം വെച്ചാൽ വേറെ മോലക്കോളിങ്ങൾ കയറുന്നു നിലപാടാണ് എല്ലാം ഉസ്താദ് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു തോന്നുന്നു കാരണം ഇവര് ഇവരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനാണ് ഈ സഹാബി ഇമാമെന്ന് ഇവർക്കൊക്കെ അറിഞ്ഞിയും ഇറങ്ങിപ്പോന്നു പക്ഷെ തങ്ങള് ജീവിച്ചിരിക്കുന്ന കാല അവര് നേരെന്ത്സു ഹദ്രത്തിലെ കേസ് എത്തിച്ചു റസൂല്ലിക്കുന്നതാണ് കേസൊക്കെ വേഗം വിധിയാകുമല്ലോ റസൂല്ല ഇവരോട് ഇദ്ദേഹത്തോട് ചോദിച്ചു അല്ല സുഹൃത്ത ഈ ആൾക്കാർ നാട്ടുകാർ പറഞ്ഞ മാതിരി ചെയ്താപ്പോ അതിന് പകരമായിട്ട് നീ പ്രത്യേകമായി പറയുന്ന പോലെ ഒരു സുഹൃത്തെ എല്ലാവരുടെ കാര്യത്തിലും അഡീഷണൽ ആയി നിന്റെ കൂട്ടാൻ എന്താണ് കാരണം നിന്നെ പ്രേരിച്ച ചേതോപികാരം എന്താണ് എന്താണ് അതിന്റെ ഘടകം എന്ന് ചോദിച്ചു അദ്ദേഹം തുറന്നു പോകണം ഇനി ഒഹിബു ഹായ സുഹൃത്താ അള്ളാൻ്റെ എനിക്കാ സുഹൃത്തിനോട് ഇഷ്ടമാണ് അത് വിശുദ്ധ ഖുറാൻ തൊഹീദ് പഠിപ്പിക്കുന്ന സുഹൃത്താണ് ഇപ്പൊ എം ദാരിമി ഇവിടെ തൊഹീദ് പറയാൻ വേണ്ടി സൂഹത്തുൽ ഇഹ്ലാസ തെളിവുദ്ധരിച്ചത് അത് ഖുറാന്റെ മൂന്നിന് തുല്യമായ സൂഹൃത്താണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്വത്തിന്റെ ഒരുപാട് മഹത്വങ്ങൾ നിങ്ങളുടെ നാവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അള്ളാന്റെ എനിക്ക് ആ സ്വത്തുള്ള മഹബത്താണ് നിനക്ക് അത് ഒഴിവാക്കാൻ കഴിയില്ല അള്ളാന്റെ റസൂർ പറയട്ടെ മുജാഹിദ് പറയണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാത്ത നിസ്കാത്തിന്റെ രീതിയിൽ അനാചാരം പോന്ന് പറയട്ടെ തങ്ങൾ പറഞ്ഞോ വാക്ക് ശ്രദ്ധയാൽ ആ സൂറത്തിനോട് നിലക്കുള്ള മഹബത്ത് ഇഷ്ടമുണ്ടല്ലോ അത് നിന്നെ ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വളരെ പ്രകടമാണല്ലോ ഇങ്ങനത്തെ ധാരാളം ഉദാഹരണങ്ങൾ ഹദീസിൽ കാണാം മൗലികമായ ഖുറാനോടും സുന്നോടും എതിരാകാത്ത ഏത് പുതിയ സംവിധാനങ്ങളുമാവാം അതാണ് വിശുദ്ധ ഖുറാൻ നബി വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ആധികാരികമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിധത്താണ് അനാചാരമാണ് എന്ന നിലപാട് ഇവർക്കും ഉറപ്പുണ്ടോ ഒരു ഉറപ്പുമില്ല അതിൽ പ്രകടമായ തെളിവാണ് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാരെ ഈ മൗലികവുമായി ബന്ധപ്പെട്ട് ആഘോഷം അനാചാരം വിദ്യാർത്ഥി പഠിപ്പിക്കുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമല്ല ആ മുന്നിൽ നിൽക്കുന്നത് ആ മുന്നിൽ നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ തിരുവനന്തപുരം പാളയം പള്ളിയിൽ സ്ഥിരമായി സംഘടിപ്പിക്കുന്ന മീനാദ് പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് അതൊക്കെ അവിടെ മലബാറിലേ നടക്കുള്ളൂ ഇവിടുന്ന് പോയവർക്ക ഡിമാൻഡാണ് മീനാദിന് അവിടെ മന്ത്രിമാരും പങ്കെടുക്കും ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കും ഗവർണറും പങ്കെടുക്കും കാര്യമായ സദസ്സാ വളരെ കൃത്യമായിതാ ഒരു മീനാദ് പ്രഭാഷണത്തിന്റെ നോട്ടീസാണ് ഞാൻ റബിയുലവൽ പോയപ്പോൾ എന്റെ കൈവശം കിട്ടിയതും ഞാൻ ഓഫീസിൽ ചെന്ന് ബോധ്യപ്പെട്ടതുമാണ് ഇതിന്റെ ഹെഡിങ് തന്നെ പാളം മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം മീനാത് പ്രഭാഷണം എന്നാണ് മീനാദ് പ്രഭാഷണം വരെ റബിയുലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ റസൂർ വാസം ഒന്നു മുതൽ ജനിച്ച പന്ത്രണ്ട് വരെ തലക്ക് അസ്സാം വലൈക്കും തിരുവനന്തപുരം മാനിര പതിവ് പോലെ ഇക്കൊല്ലവും റബിയുല്ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ദിവസവും രാത്രി എട്ടേ മുക്കാൽ മുതൽ പത്ത് വരെ മീലാദ് പ്രഭാഷണ പരമ്പര പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മീനാദ് കമ്മിറ്റിക്ക് വേണ്ടി വിശദമായ ഒരു നോട്ടീസ് ഈ നോട്ടീസ് പ്രകാരം മീനാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ആരാണ് പങ്കെടുക്കുന്നത് ഈ മീനാത് പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനി ആരാണെന്ന് കേട്ടാൽ നാട് നീള നടന്ന് നബിദിന പരിപാടികൾ അനാചാരമാണെന്ന് ചിത്രീകരിക്കുന്ന മൗലവി സുഹൈർ ചുങ്കത്തറ കോഴിക്കോട് ആരാണ് ഈ മൗലവി സുഹരിച്ചു കേത്തരാ നമ്മുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചതാണ് ഈ പത്രത്തിൽ നബിതനാഘോഷം തെറ്റ് ഇതിനേക്കാൾ ഭേദം മോഷണം കള്ളക്കടത്ത് ഒരു പത്രവാർത്തൻ്റെ തലവാചക ഈ നബിദനത്തെക്കാളും മെച്ച ഏതാച്ച മോഷണവും കള്ളക്കടത്തുമാണെന്ന് ശക്തമായി അപലപിച്ച് ദുരാചാരമാക്കി പ്രസിദ്ധി ഈ മൗലവിയാണ് തിരുവനന്തപുരത്ത് പോയിട്ട് റബിയു ലവലിൽ പ്രസംഗിക്കുന്നത് അതും മീരാതു പ്രഭാഷണം അതും റസൂർലാന്റെ ഗുണം ഞാൻ പേഴ്സണൽ അറിയുന്നതാ ഞാൻ ചോദിച്ചു മൗലവി ഒരിക്കൽ കണ്ടപ്പോൾ അല്ല ഞങ്ങൾ മീരാത് പരിപാടിയിലവിടെ പങ്കെടുത്ത് നിങ്ങളൊക്കെ മാറി ഒഴിച്ചു അവനെന്താ നബിന്റെ ആ മാസം ദീനീ താഴ്വത്തിനുപയോഗിക്കുന്ന എന്താ കുഴപ്പമൊന്നും ഞാനടുത്ത പിന്നെ നെബിന്റെ പ്രഭാഷണം കണ്ണൂർ എ ഓൾ ഇന്ത്യ റോഡിൽ ഇൻറെ റബിയുലബല പ്രഭാഷണം റബിയുലബാൻ എന്റെ വകേ പ്രഭാഷണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ ചിരിച്ചു ഇവർ ഇപ്പോഴും കണ്ടാച്ചിരിക്കും അപ്പം ഇവരൊക്കെ ഇതൊക്കെ ഒരു ഇത് വിചാരിക്കും ഔദ്യോഗിക മുജാഹിദ് അല്ലെ മടൂർ മുജാഹിദ് ക്ലീനാണ് പറഞ്ഞു പറഞ്ഞാൽ സുഹാൻ അല്ല അതേ വർഷം പാളയം മുസ്ലിം ജമാഅത്ത് മീരാത് പ്രഭാഷണം ഇതിലെ കൃത്യമായ അഭിയുലവൻ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഈ പരിപാടിയിൽ ഈ നബിതല പരിപാടിയിൽ പങ്കെടുത്ത ആരൊക്കെയാണെന്നോ ഒന്ന് ഡോക്ടർ ഹുസൈൻ മഡവൂർ ജനറൽ സെക്രട്ടറി കേരള നെതുവത്തു മുജാഹിദ്ൻ മറ്റൊന്ന് ടി ആരിഫ് അലി അമീർ ജമാഅത്ത് ഇസ്ലാമി ആരിഫ് അലി തിരുവനന്തപുരത്ത് നേരെ നമ്മുടെ നാട്ടിൽ ഇക്കൊല്ല ആരംഭിച്ചെന്ന് മാത്രം മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോഴും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള മരബാർക്ക് തുടങ്ങിയിട്ടില്ല സത്യത്തിൽ ഈ പറയുന്നതിൽ ആത്മാർത്ഥയോട് ഒരു കണികയുമില്ല എന്ന കാര്യം വസ്തുത ഇവരൊക്കെ നമുക്ക് എതിർ നിൽക്കുന്ന ആൾക്കാരൊന്നും ആത്മാർത്ഥൻ്റെ ആൾക്കാരല്ല നമ്മളെ കാന്തപുരത്തിൻ്റെ ഒക്കെ അവസ്ഥ തന്നെയാണ് ഇവർക്കൊക്കെ ഉള്ളത് കാന്തപുരത്തിൻ്റെ അവസ്ഥാ വിശേഷം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയ ഓരോ കാര്യങ്ങൾ നാൾക്ക് നാളിങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക ശരിക്ക് യഥാർത്ഥ ചിത്രം കേരളത്തിൽ പരിശോധിച്ചാൽ സംഗതി ഇവർ പറയുന്നുണ്ട് അള്ളാഹു താല അറിയാതെ എ പി ഒന്നും അല്ല എ അറിയാതെ അള്ളാഹു താലൊ ഒന്നും ചെയ്യൂരാന്ന് പറയുന്നുണ്ടെങ്കിലും മുടിക്ക് തീ കൊടുക്കൂല എന്ന് പറഞ്ഞെങ്കിലും സംഗതി തീക്ക് മുടിക്ക് തീ പിടിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുക അത് സജീവമായി കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രല്ല ആ മുടി കത്തി തീരുന്നതോടുകൂടി കാന്തപുരത്തിന്റെ സംഘടനയും തീരും എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നത്തെ ദേശാഭിമാനി പത്ര ഇന്നത്തെ ദേശാഭിമാനി പത്ര സി പി ഇരുപത്തിരണ്ട് വർഷം കാന്തപുരം സഖ്യകക്ഷിയായി കൊണ്ടുതന്ന സി പി എമ്മിന്റെ മുഖപത്രത്തിൽ ഇതാ കൃത്യമായി അതും സി പരസ്യമായി ഞാൻ എ പരസ്യമായി പ്രസംഗിച്ച ശ്രീ സഖാവ് ടി കെ ഹംസ പേര് വെച്ചെഴുതിയ മെയിൻ ലേഖനത്തിൽ വളരെ വ്യക്തമായി കാന്തപുരത്തിന്റെ തരികടകൾ തുറന്നു കാണിക്കുന്നതിന്റെ മുടിയുമായി ബന്ധപ്പെട്ട് ആ വരികൾ മാത്രം ഞാൻ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നോക്കൂ നിങ്ങൾ വലിയ ലേഖനം മുടി വിവാദത്തിലെ രാഷ്ട്രീയം ഈ ലേഖനത്തിൽ ആൾ തുറന്ന് പറയുന്നുണ്ട് എന്താടിയുടെ കത്തിച്ചു നോക്കിയാൽ മൂപ്പറിന് പറയുന്നുണ്ട് കത്തിച്ചു നോക്കിയ പ്രശ്നമാണ് ഈ കാന്തപുരത്തിന്റെ പരിപാടി പിന്നെ നടക്കൂലമായി എഴുതി വച്ചിരിക്കുന്നുണ്ട് വളരെ വ്യക്തമായ ആശയം ആയിരത്തി നാനൂറിലധികം കൊല്ലം പഴക്കമുള്ള നബിയുടെ മുടി തന്റെ കൈവശമുണ്ടെന്നും അത് വെക്കാൻ നാൽപ്പത് കോടി റുപ്യ ചെലവ് ചെയ്ത് പള്ളി നടത്തും നിർമ്മിക്കുമെന്നും എ പറയുന്നു ആ മുടി നബിയുടേതല്ലെന്നും വ്യാജമാണെന്നും ഈ വിഭാഗം വാദിക്കുന്നു നിജസ്ഥിതി അറിയാൻ ഈ കെ വിഭാഗത്തിന്റെ നിർദ്ദേശം നെബിയുടെ മുടി ആണെങ്കിൽ കത്തിച്ചാൽ കത്തൂല കാന്തപുരം അന്വേഷിച്ചിരുന്നത് അതിനാൽ ഈ മുടി കത്തിച്ചു നോക്കി സത്യം വെളിപ്പെടുത്തണം എന്നാണ് ഈ നിർദ്ദേശം എ പിക്ക് സ്വീകാര്യമല്ല പരീക്ഷണത്തിന് താനില്ലെന്ന് പറഞ്ഞു അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു കത്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ അത് കത്തിത്തീർന്നാൽ അതുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന അജണ്ട നടപ്പാക്കാൻ കഴിയാതെ എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ടാവാം കൂടപ്പുറപ്പായിട്ട് പരസ്യമഴുന്നത് കത്തുകയില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചാൽ എന്താണെന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ അവിടെ തന്നെയുള്ളത് കത്തിച്ചാൽ കത്തുക എന്ന് കാന്തപുരമാണുണ്ട് കാന്തപുരത്തിന് വലം കൈ ടികെ പറയുന്നു പിണറായി അല്ല ടീ കെ ഹംസ ഉപദേശിക്കുന്നു പുസ്തകത്തെ ധൈര്യം എന്തെങ്കിലും കത്തിച്ചോക്കെ എന്താ ഒളിവാദല്ലേ ധൈര്യം എന്തെങ്കിലും കത്തിച്ചോ നോയിക്കൂടെ പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് കത്തിച്ചു നോക്കിയാൽ കത്തും എന്ന് അദ്ദേഹത്തിന് സംശയം കൊണ്ടാണ് അദ്ദേഹം കത്തിക്കാ കത്തിക്കാത്തത് ഇത് പ്രത്യക്ഷത്തിൽ കൃത്യമായി അവർ സ്ഥിരീകരിച്ചു മാത്രമല്ല കാന്തപുരത്തെ കുറിച്ച് ഒപ്പം നടന്ന ടി കെ ഹംസ ഒരു കാര്യമാണ് നമ്മൾ കുറെ കാലായി കാന്തപുരം കളവ് പറയും കളവ് പറയുന്നുണ്ട് ഇയാൾ കേട്ടുകൊണ്ടേ ഇരിക്കുക കളവ് കാന്തപുരത്തിന്റെ കൂടപ്പുറപ്പായ ടി കെ ഹംസ പറയുന്നു ഇയാൾ കളവ് പറയുന്നതാണ് ഏറ്റവും പുതിയ കളവ് ഞാൻ പറഞ്ഞു കാന്തപുരത്തെ കുറിച്ച് അദ്ദേഹം പറയാണ് ഞങ്ങൾ ഒരിക്കലും ഇതിനെ എ പി ഉസ്താദിന്റെ കളവ് അദ്ദേഹം പിന്നെ എ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒപ്പം നിന്നിട്ടില്ല ഇനി നിൽക്കുകയുമില്ല അദ്ദേഹം തിരുവ മാതൃമി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് കഴിഞ്ഞ ദിവസ പത്രം അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞത് ശരിയാണോ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഇരുപത് സീറ്റ് കിട്ടിയത് ഞങ്ങൾ സഹായിച്ചിട്ടായിരുന്നു ഇല്ലെങ്കിൽ രണ്ട് സീറ്റ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ എന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു ടി വി ചാനൽ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മാന്യതക്ക് ചേർന്നത് അദ്ദേഹത്തിന് ചേർന്നതാണോ കൃത്യമായി ടി കെ ഹംസ കൊടുക്കുന്നു ടി കെ ഹംസക്കറിയാം അദ്ദേഹം പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് കളവ ടി കെ ഹംസയെ ആൾക്കാരും വേറും കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അടുത്തറിഞ്ഞാൽ മുസ്ലിാരെ നിങ്ങൾക്ക് ആ കാക്കാനറിയില്ല ആൾ വലിയ പ്രശ്നക്കാരനാണ് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഞങ്ങളല്ലേ മുപ്പൊരാള് നിങ്ങൾ മുസ്ലിാരനാണ് വിചാരിക്കേണ്ട മൂപ്പർ ഒന്നൊരു കാരണവശാലും സ്വർഗത്ത് കിടക്കാൻ സാധ്യതല്ല അഥവാ സ്വർഗത്ത് കിടക്കുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് സ്വർഗത്ത് കിടക്കുക ഞാൻ സ്വർഗ്ഗത്ത് കിടന്നു കട്ടഞ്ചാകെ കുടിച്ചിരിക്കുമ്പോൾ മൂപ്പർ ഒന്നും ഇങ്ങനെ പാളി വെക്കുമ്പോ വഴിക്ക് വരാൻ സാധ്യതയില്ല എന്ന് ഇയാള് അടുത്തറിഞ്ഞുകൊണ്ടാ പറയുന്നത് കാര്യം കണ്ണീർ തുസ്താവ് പറഞ്ഞിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ ആ മുടി കത്തിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി പി എം കൈയ്യൊഴിഞ്ഞുകൊണ്ടിരിക്കുക ആണ് അദ്ദേഹത്തിന്റെ പിൻബലം അത് പ്രകടമായി ബോധ്യപ്പെട്ടു മുസ്ലിം ലീഗ് തമ്മിൽ അമ്രാൻ തൊണ്ണൂറ് ശതമാനം മുസ്ലിം ലീഗിന്റെ അനുയായികൾ ഈ ഇരിക്കുന്ന ആളുകളാണ് നമ്മുടെ വികാരം വാങ്ങിക്കാതെ ഇന്ത്യൻ മുസ്ലിം ലീഗിന് കാന്തോടത്തെ കൂടെ കൊണ്ടു കളിക്കാൻ കാന്തപുരം മുസ്ലിം ലീഗിലും ഉണ്ടാകില്ല സി പി എമ്മിലും ഉണ്ടാകില്ല കണ്ണിത്തുസ്താദ് പറഞ്ഞ പോലെ അള്ളാഹുനെ വിഷമിപ്പിക്കുന്നവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് സൂറത്തുൽ സൂചിപ്പിച്ചതുപോലെ ആ മുടി കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കത്തിത്തീരാൻ പോവുകയാണ് കാത്തിരുന്ന് കാണാം അള്ളാഹു അനുഗ്രഹിപ്പുമാരാകട്ടെത്തോടെ സൊല്ലാഹു അല മു മുഹമ്മദിൻസീ അജു വലഹമുല്ലാഹുറബുലി